അള്ളാഹു സുബഹാനുഹു താല പറഞ്ഞു മൂസ അലെഹിസലാം എൻറെ സന്ദേശങ്ങൾ കൊണ്ടും എൻറെ സംസാരം കൊണ്ടും മനുഷ്യരിൽ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു അതിനാൽ ഞാൻ നിനക്ക് നൽകിയത് നീ സ്വീകരിക്കുക നന്ദിയുള്ളവരിൽ ഒരാവുക